ക്ഷണമി തോയാ ഭക്ഷ്യത്തിന് ത പുഷ്പാഗസ് പ്രജ്ഞക്ത എകോനവിംശ നിമുഖ സ്ഥൂല വൈശ്വാൻ പ്രഥമ പദ സ്വപ്നസ്ഥാനോന്ധ്രസപ്തോനവിശത്മുഖക്തയോ കാ സ്വപ്നം പശ്യ സശുക്തീഭൂത <Sessimitation> പ്രാമധനന്ദമയന്ദഭക്േമുഖപ്രാജസ്തൃതീയോ മന്ദ്രജ്ഞം നേദ പ്രജ്ഞം പ്രജ്ഞം ന അദൃശ്യമ വ്യവഹാരമഗ്രാഹ്യമലക്ഷണമചിന്തിസാര പ്രപഞ്ചോ വശമം ശാന്തം ശിവം അദ്വൈതം ചതുഥമേ സാത്മാേയ ജാഗരിസ്ഥാനോ വൈശ്വാനരു അഥവാ മാത്രീ രാമത് കാ വൈ സർവാൻ ഗാമാൻ ആദിശോം വേദ സ്വപ്നസ്ഥാനത്തെയ സ ഉോ ദ്ധീയ മാത്ര മുഖ്യൈ ജനസമ്പതിന് സമാന സമ വി സ്വപ്നസ്ഥാനോ മുതൽ തൃതീയ മാത്രാം മിതി അപ്പി ദേവാമിഹ വർ സഹായ പ്രപഞ്ചോമസൈകാര ആത്മേന സംവിശതി ആത്മനെയം വേദ ഗ്രഹാസ്വേദിതമിഷ്യത്തി കഴിഞ്ഞ കരികയിൽ പറഞ്ഞു സ്വപ്ന സമത്വ അസത് ജാഗ്രതമി അതാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇത് സ്വപ്നസമമാണ് സ്വപ്നത്തിന്റെ കാര്യത്തിൽ വിവാദമില്ലാതെ അസത്താണ് അതുപോലെ ജാഗ്രതവും അസത്താണ് അതിന് ഇതീ പറയാൻ പോകുന്ന വിദ്യ അനുസരിച്ചും അനുഭവം അനുസരിച്ചും അസത്വം ജാഗ്രത് വസ്തു ജാഗ്രത് അനുഭവത്തിൽ അനുഭവപ്പെടുന്ന ഈ പദാർത്ഥങ്ങൾ അത് സത്യമല്ല ജാഗ്രത തേതു <Graphic> അസവന <Graphic> <Graphic> <Graphic> <Supnessyaya> ജാഗരിത കാര്യം ഇഷ്യത്തെ സ്വപ്നവും ജാഗ്രതനും പോലെ തന്നെ ആഗ്രഹിക്കുന്നു ജാഗ്രത ദൈവഗ്രഹണ അങ്ങനെ അനുഭവപ്പെടുന്നു സ്വപ്നവും ജാഗ്രത പോലെ തന്നെ അനുഭവപ്പെടുന്നത് ഇന്ന് പറയുമ്പോൾ ആ അനുഭവ വേളയിൽ ഒമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ജാഗ്രത ആയിട്ട് തന്നെ അനുഭവപ്പെടുന്നത് ജാഗ്രത്ത് ഈ ഉണർവ് ഉണർവായിട്ട് തന്നെ അനുഭവപ്പെടുന്നു ഇതൊരു മറ്റൊരു തരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഗ്രാഹ്യ ഗ്രാഹകരൂപേണ് ഇവിടെ ഗ്രാഹ്യം വിഷയങ്ങൾ ഗ്രാഹകൻ അങ്ങനെ ഗ്രഹിക്കുന്നവനുണ്ട് ഇത്രയും അവിടെയും സംഭവിക്കുന്നു അനുഭവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇത് രണ്ടേ ഉള്ളൂ സ്വപ്നമായനുസരി ജാഗ്രതയായനുസരി അനുഭവം നിലനിൽക്കുന്നു അത് രണ്ട് രണ്ട് രൂപത്തിൽ അത് പിരിഞ്ഞിരിക്കുന്നു ഒന്ന് ഗ്രാഹകൻ അനുഭവിക്കുന്നവൻ ഗ്രാഹ്യം ഈ രണ്ടിനെ സംബന്ധിച്ചുള്ള അനുഭവം ഗ്രാഹകന് ഞാനെന്നറിയുന്നു ഗ്രാഹ്യത്തെ ശബ്ദസ്പർശ രൂപ രീതിയിൽ ശരീരം തുടങ്ങി പ്രപഞ്ചമായി അറിയുന്നു ഇതാണ് ജാഗ്രതയുടെ അനുഭവം ഇത് തന്നെയാണല്ലോ സ്വപ്നത്തിന് അവിടെ ഗ്രാഹ്യത്തിനോ ഗ്രാഹകത്തിനോ ഗ്രഹണത്തിനോ വ്യത്യാസമുണ്ട് സ്വപ്ന സ്വപ്നത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത് ജാഗ്രതം ഹേതുരസ്യം സ്വപ്നസ്യ സപ്ന തദ്ഹേതു ജാഗ്രത കാര്യമിഷ്യത്തെ ഇനി മുമ്പോട്ട് എഴുത്തുമ്പോ പറയും വാസ്തവത്തിൽ ജാഗ്രത പോലെ തന്നെ സ്വതന്ത്രമാണ് സ്വപ്നം എന്നാൽ അതിലേക്ക് കടക്കാൻ വേണ്ടി ഇവിടെ പറയുന്നു ജാഗ്രതം ഹേതുരസ്യ സ്വപ്ന ഈ സ്വപ്നത്തിന് ജാഗ്രത് ഹേതുവാണ് ഒരു തരത്തിൽ ഹേതുവാണോ എന്ന് പറയുന്നത് സ്വസ്വപ്നേതു ജാഗ്രത കാര്യമേശലേ ജാഗ്രത കാര്യമാണ് സ്വപ്നം എന്ന് പറയാം സാധാരണ പറയാറുണ്ട് ജാഗ്രത അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഈ അനുഭവത്തെ സംസ്കാരം ഉണ്ടാകുന്നു ആ സംസ്കാരം ഉറക്കത്തിൽ വീണ്ടും ജാഗ്രതാകും അതാണ് സ്വപ്നം എന്ന് പറയാം അതുകൊണ്ടാണ് സ്വപ്നത്തിൽ ജാഗ്രതത്തിലെ അനുഭവങ്ങൾക്ക് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ജാഗ്രത അനുഭവങ്ങളുടെ സ്വാധീനം അതിൽ അനുഭവപ്പെടുന്നത് ജാഗ്രതത്തിലെ വിഷയങ്ങളോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്വപ്നത്തിനും പ്രകടമാകുന്നു അതുകൊണ്ടിതിന് പരസ്പരം കായികാനുഭവം പറയാം ജാഗ്രത കാര്യമാണ് സ്വപ്നമെന്ന് പറയാം തദ്ഹേതു ജാഗ്രത കരിത്വ സ്വപ്നദൃശ്യവ സാഗ്രതം സ്വന്വേഷാം അതുകൊണ്ട് തന്നെ ആ സ്വപ്നദഷ്ടാവ് തന്നെയാണ് ജാഗ്രത ജാഗ്രത ദഷ്ടാവിന് തന്നെയാണ് സ്വപ്നം ദൃഷ്ടാവിന് വ്യത്യാസം വരുന്നില്ല ദൃശ്യത്തിനും വ്യത്യാസമില്ല ജാഗ്ര ദൃശ്യങ്ങൾ പോലെയുള്ള ദൃശ്യങ്ങൾ തന്നെ സ്വപ്നത്തിന് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ജാഗ്രത സ്വപ്നം തമ്മിൽ എന്താ വ്യത്യാസം കാണുന്നവനും ഒരാൾ തന്നെ കാഴ്ചയും ഒരുപോലെ എന്തൊക്കെ വ്യത്യാസങ്ങളാകാം എന്നുള്ളത് ഇനി ചർച്ച ചെയ്യും ഇവിടെ ഇപ്പോൾ ആമുഖമായി പറയുകയാണ് കാഴ്ചയും കാണുന്നവനും ഒന്നാണെങ്കിൽ എന്താ വ്യത്യാസം എന്നൊക്കെ അന്വേഷാം അവിടെ കാണാൻ മറ്റാരും ഉണ്ട് യഥാന ഇഭിപ്രായ സ്വപനം പോലെ സ്വപ്ന സ്വപ്നദൃശ്യവ സണവിനവസ്തുവത് അഭാസത്തെ തധാകാരണ സണവിനവസ്തുവത് അഭാസമാനം ജാഗ്രധാരണ വിദ്യമാനവസ്തു സ്വപ്നവത് ഏ വൈദ്യിപ്രായം സ്വപ്നത്തിന്റെ അസ്വപ്നദൃഷ്ടാവ് വിഷയങ്ങളെ കാണുന്നു സാധാരണ പറയുന്നൊരു വ്യത്യാസം ജാഗ്രത ജാഗ്രതയുടെ വിഷയങ്ങളെ ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ മാത്രമല്ല അനുഭവിക്കുന്നത് അനേകം പേരതൊക്കെ അനുഭവിക്കുന്നുണ്ട് സൂര്യനെയും ചന്ദ്രനെയും എല്ലാം കാണുന്നത് ജാഗ്രത കൊണ്ടുവന്നിരിക്കുന്ന ഞാൻ മാത്രമാണ് അനേക ജീവന്മാരും അതിനെയൊക്കെ കാണുന്നുണ്ട് സ്വപ്നത്തിൽ അങ്ങനെ ആയിരുന്നു സ്വപ്നത്തിൽ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ ഞാൻ കണ്ട സ്വപ്നം ഇപ്പൊ എന്റെ ചുറ്റും കൂടിയിരിക്കുന്നവരാരും കാണുന്നില്ല എന്താ പറയാ ജാഗ്രത സാധാരണമാണ് കാണുന്ന ഞാൻ മാത്രമല്ല എന്റെ ചുറ്റുപാടും കൂടിയിരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ട് സ്വപ്നം അങ്ങനെ തന്നെ അസാധാരണമാണ് സ്വപ്നം എനിക്ക് മാത്രമേ കാണാൻ കഴിയുന്നു എന്ന് പറയാം പക്ഷെ പറയുന്നു അങ്ങനെയല്ല സ്വപ്നവും ജാഗ്രതയും സാധാരണ തന്നെ ഇവിടെ ജാഗ്രലോകത്തിൽ ഞാൻ കാണുന്നത് എന്നോടൊപ്പം എല്ലാവരും കാണും ഈ ജാഗ്ര ലോകത്തിന്റെ വിപുലത അനുസരിച്ചാണ് വ്യാകരത്തിൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ടേക്ക് ഇരുന്നൊരു ബസ് കാണുന്നു എന്നിരിക്കട്ടെ അവിടെ കാഴ്ചക്കാരനായി ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷെ വ്യാകരത്തിൽ അങ്ങനെയല്ല നമ്മൾ കുറച്ചുപേര് ഒരു മുറിക്കകത്ത് ഒരുമിച്ചിരുന്ന് കാണുന്നു ഈ ഭൂമണ്ഡലത്തിൽ അനന്തമായ ജീവന്മാരൊരുമിച്ചിരുന്ന് കാണുന്നു ഒരു കാഴ്ച തന്നെ എല്ലാവർക്കും കാണാൻ കഴിയുന്നു അതാണ് ഇതിൻ്റെ സാധാരണ എന്ന് പറയുന്നത് ഇതേ സാധാരണത്തിന് തന്നെ സ്വപ്നത്തിന് സംഭവിക്കുന്നു സ്വപ്നത്തിന് ഇതൊക്കെ ആവർത്തിക്കാം സ്വപ്നത്തിൽ ഞാൻ ഒരു മുറിക്കാതെ തരുന്ന എൻ്റെ കാഴ്ചകൾ കാണുന്നു അവിടെയും എന്നോടൊപ്പം അനേകം പേരുണ്ടാകാം ഞാൻ കാണുന്ന എല്ലാവരും കാണും സ്വപ്നത്തിൽ ഞാൻ ഈ ഭൂമണ്ഡലത്തിൽ ഇരുന്നുകൊണ്ട് അന്യ ഗൃഹങ്ങളെ കാണുന്നു അപ്പൊ അവിടെ എന്നോടൊപ്പ ഉള്ള എല്ലാവരും ചേർന്നാണ് കാണുന്നത് അവരും കാണും സ്വപ്നത്തിന് അസാധാരണത്വം ജാഗ്രത സാധാരണ എന്ന് പറയുന്നത് ശരിയല്ല ഇവിടുത്തെ ഈ സാധാരണത്വം തന്നെ സ്വപ്നത്തിൽ സംഭവിക്കും പിന്നെ നമ്മൾ എന്താ മറിച്ച് പറയുന്നത് ഉണർന്നതിന് ശേഷം പറയുന്നു ഞാൻ സ്വപ്നം കൊണ്ട് എന്നോടൊപ്പം ഈ ജാഗ്രതത്തിലുള്ള ആരും ആ സ്വപ്നം കണ്ടില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചത് അസാധാരണമായിരുന്നു എന്ന് പറയുന്നു പക്ഷെ ആ സ്വപ്നത്തിൽ എന്നോടൊപ്പം മറ്റാരൊക്കെ ഉണ്ടായിരുന്നു ഒരുമിച്ച കണ്ടത് ഞാൻ കാണുന്ന കാഴ്ചകൾ അവരും നേരത്തെ പറഞ്ഞത് മിത്ര ദേ സമ്മിയ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നു അപ്പോൾ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് ആ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ആകുന്നത് പോലെ അവിടെയും ഒറ്റയ്ക്കാകാം പക്ഷെ മറിച്ച് സംഭവിക്കാം അവിടെയും ചർച്ചകൾ നടക്കുന്നു പലരും കൂടിച്ചേരുന്നു പലരും ഒരുമിച്ചൊരു കാഴ്ച കാണുന്നു എല്ലാം അവിടെയും സംഭവിച്ചു ആ തരത്തിലൊരു വ്യത്യാസവും പറയാനില്ല അത് സ്വപ്നത്തിനനുസരിച്ചാണ് ജാഗ്രത എങ്ങനെയാണോ ജാഗ്രത ഒരാൾ ഏകനായിരിക്കുന്നു പലരോടും കൂടിച്ചേർന്നിരിക്കുന്നു സ്വപ്നത്തിന് ഒരാൾ ഏകനായിരിക്കാം പലരോടും കൂടിച്ചേർന്നിരിക്കാം അതുകൊണ്ട് ജാഗ്രത് സ്വപ്നം പോലെയാണ് അതാണ് ഇവിടെ പറഞ്ഞു കിട്ടുന്നത് ഒരു വ്യത്യാസവും ജാഗ്രതത്തിൽ നമുക്കെടുത്ത് കാണിക്കാൻ കഴിയില്ല സ്വപ്നത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോ ജാഗ്രതത്തിൽ കാണുന്ന എല്ലാ സാധാരണതയും സ്വപ്നത്തിനുണ്ട് വ്യത്യാസമില്ല അങ്ങനെ ചിന്തിച്ചിട്ട് സ്വപ്നം സത്യമായിരുന്നില്ല എന്ന് ബോധിക്കാമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കാണിക്കാൻ ജാഗ്രത ഒന്നുമില്ല ഓരോ കാരണങ്ങളും എടുത്തിട്ട് പറയും വ്യത്യസ്തമായി കാണിക്കാൻ ജാഗ്രത യാതൊന്നും തന്നെ നമ്മളീ പറയുന്ന സാധാരണത്വം അസാധാരണത്വം അതുമില്ല അതുകൊണ്ട് അവിടെയും സംഭവിക്കാം അതുകൊണ്ട് സ്വപ്നവദേവ സ്വപ്നം പോലെ തന്നെയാണ് സ്വപ്ന തുല്യമാണ് ജാഗ്രത അനുഭവം അനുഭവത്തിന്റെ തരത്തിൽ ചിന്തിക്കുന്നു രണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്നാലും പറയുന്നു അത് ജാഗ്രത കാര്യമാണ് സ്വപ്നം എന്ന് പറയുന്നു അതിനിടെ പറയുന്നു അങ്ങനെ ജാഗ്രത കാര്യമാണ് സ്വപ്നം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും കാര്യം പോലെ തന്നെ ആയിരിക്കണം കാരണം ആ യുക്തി അനുസരിച്ചാണെങ്കിൽ ജാഗ്രത സംസ്കാരം കൊണ്ട് സ്വപ്നവും ഉണ്ടായി ആ സ്വപ്നം അസത്യമാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ആ കാര്യം പോലെ ആയിരിക്കണം കാരണം ആ കാരണവും പരമാർത്ഥമുണ്ട ജാഗ്രതും പരമാർത്ഥമുണ്ട അതാണ് ഇവിടെ ചർച്ച അണു തദ്വ ആ സ്വപ്നം ജാഗ്രതാകുന്ന കാരണത്തോടുകൂടി ഇതാണ് അണുത്തസൈവ ആ സ്വപ്നം കാണുന്നവന് തന്നെയാണ് ഈ ജാഗ്രത് സാഗ്രതം വിഷയത്തെ കേവലം ജാഗ്രത മാത്രം സത്തെന്ന് പറയാൻ പറ്റത്തില്ല സ്വപ്ന ദൃഷ്ടാവ് ജാഗ്രത വന്നിട്ട് പറയും സത്യമാണ് ജാഗ്രതരോട് പറയും സ്വപ്നദൃഷ്ടാവ് സ്വപ്നത്തിൽ കാണുന്നവരോട് പറയുന്നു ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ് എന്ന് പറയുന്നു അതുപോലെ ഉള്ളു അത്രേയുള്ള വ്യത്യാസം അങ്ങനെ പറയാമുണ്ട് സ്വപ്നദൃഷ്ടാവ് സ്വപ്നത്തിൽ കാണുന്നവരോട് പറയുന്നു ഇത് സത്യമാണ് എന്തുകൊണ്ടത് ജാഗ്രത അനുഭവപ്പെടുന്നു അതുപോലെയുള്ളൂ ജാഗ്രത ദഷ്ടാവ് ജാഗ്രതയിൽ കാണുന്നവരോട് പറയുന്നു ഇത് സത്യമാണ് ഇതവിടെയും പറയാം അത്രേ സംഭവിക്കുന്നുള്ളു എങ്ങനെ ഇത് രണ്ടും തമ്മിൽ ഭേദമുണ്ടെന്ന് പറയാൻ കഴിയും എന്നാണ് വ്യത്യാസം ഇത്രയേ ഉള്ളൂ ജാഗ്രതയിൽ നിന്നുകൊണ്ട് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പറയുന്നു ജാഗ്രത സത്യമാണ് ആപേക്ഷികമായി സ്വപ്നം അസത്യമാണ് അതെല്ലാം സ്വപ്നത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് സ്വപ്നത്തിനും അതിന് സത്യമെന്നേ പറയാൻ കഴിയും അതുകൊണ്ട് അതൊരിക്കലും സത്യമാകുന്നു അങ്ങനെയാണെങ്കിൽ ജാഗ്രതത്തിൽ ഇതിന് സത്യമെന്ന് പറയാൻ കഴിയുന്നു അതുകൊണ്ട് ഇത് സത്യമാകണമെന്നില്ല സ്വപ്നത്തിൽ ആർക്കും പറയാൻ കഴിയുന്നില്ലല്ലോ സ്വപ്നം ആ ഇത് അസത്യമാണ് അതുപോലെ ജാഗ്രതത്തിനും പറയാൻ കഴിയുന്നുണ്ട് ഇത് അസത്യമാണ് മറിച്ച് സത്യമാണെന്നേ പറയാൻ കഴിയുന്നു ഒന്നിനെ നമ്മൾ സത്യമാണെന്ന് അനുഭവിക്കുകയും സത്യമാണെന്ന് പറയുകയും ചെയ്യുന്നതുകൊണ്ട് സത്യമാണോ എന്നല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വപ്ന സത്യമായിരുന്നേ അതാണിവിടെ പറയുന്നത് ഗ്രഹണം ജാഗരിതവത് തദ്ദേഷ്യതേ തദ്വ സജ്ജാഗരിതമിഷ്യതേ ഉത്പാദസപ്രസിദ്ധവാ അജം സർവമുദാഹൃതം നൂതാ അഭൂത സംഭവോസ്കഞ്ചന സ്വപ്ന കാരണത്വ ജാഗ്രത അവസ്തുനോ എന്ന സ്വപ്ന അങ്ങനെ പറയാം ഒരു ചോദ്യമാണ് ശരി അങ്ങനെ അംഗീകരിക്കാം ഈ ജാഗ്രത സ്വപ്നത്തിന് കാരണമാണ് നേരത്തെ എന്താണ് പറഞ്ഞത് ജാഗ്രതയിൽ നിന്നാണ് സ്വപ്നം ഉണ്ടായത് അതൊരു കാര്യമാണ് അസ്വപ്നം ശരിയല്ല അസത്യമാണെന്ന് ബോധിച്ചു അങ്ങനെയാണെങ്കിൽ അതിന്റെ കാരണമായ ജാഗ്രതം അസത്വം ആയിരിക്കണം ജാഗ്രതയിൽ നിന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല അതേയോ അനുസമാനം പറഞ്ഞ് സ്വപ്നത്തിൽ വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സ്വപ്നം അസത്യമാണ് ഒരിക്കലും തീരുമാനിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ തീരുമാനിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ അസത്യമായിരുന്നു അതുകൊണ്ട് സാറിന് പറയുന്ന എന്റെ അനുഭവമാണ് അനുഭവത്തിനനുസരിച്ച് സംസാരിക്കാൻ പറ്റും അനുഭവത്തിൽ അത് സത്യമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത് അനുഭവത്തിനനുസരിച്ചിന്നും സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാലും മാറ്റി പറയേണ്ടി വരുന്നത് അത് സത്യമായി അനുഭവപ്പെട്ടെങ്കിലും അസത്യമാണ് അതുപോലെ സ്വപ്ന കാരണത്തുവേണ്ടി ഈ ജാഗ്രത സ്വപ്നത്തിന്റെ കാരണമാണ് അംഗീകരിക്കാമെന്നാലും ജാഗ്രത വസ്തുനോ ഈ കാണുന്ന വസ്തുക്കൾ ന സ്വപ്ന അവസ്ഥത്വം സ്വപ്നത്തിൽ അത് അവസ്ഥയായതുപോലെ ഇതവസ്തുവല്ല സ്വപ്നത്തിനത് പരമാർത്ഥമല്ല എന്ന് ബോധിച്ചതുപോലെ ഇതിനെ പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ കഴിയുന്നില്ല എന്നാ പറയുന്നത് നിങ്ങളങ്ങനെ പറഞ്ഞാൽ അങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ശരി അത് ബോധ്യപ്പെടുന്ന നിങ്ങളൊക്കെ ശരിക്കും ബോധ്യപ്പെടുന്നുണ്ട് ബോധ്യപ്പെടുന്നുവെന്ന് മാത്രമല്ല ഉണ്ടെന്ന് ശേഷം ആർക്കും പറയാൻ കഴിയുന്നില്ല സത്യമാണ് ഇതങ്ങനെയല്ല ഇത് അസത്യമാണെന്ന് പറയാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല സ്വപ്ന അവസ്ഥത്വം സ്വപ്നത്തൊക്കെ ഈ അവസ്ഥയാണെന്ന് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അത്യന്ത സ്വപ്നം ജാഗ്രത സ്ഥിരം രക്ഷിതേ സ്വപ്നം എങ്ങനെ അനുഭവപ്പെടുന്നു ക്ഷണികമായി ജാഗ്രത ഈ സ്ഥിരമായി അനുഭവപ്പെടുന്നു ഇതാണ് രണ്ടെന്നുള്ളൊരു വ്യത്യാസം പറയുന്നത് വ്യാങ്കനത്തിലൊരു സ്ഥിരതയുണ്ട് എന്താണ് അസ്ഥിരത ഞാൻ ഇന്ന് കാലത്ത് ഇന്ന സ്ഥലത്ത് ജനിച്ചു എനിക്കിന്ന ഇന്ന വ്യത്യാസങ്ങളുണ്ട് ഞാൻ വളർന്നു വിദ്യാഭ്യാസം ചെയ്തു ഇത്രകാലം ജീവിച്ചിരുന്നു അപ്പോൾ അസ്ഥിരത അനുഭവപ്പെടുന്നുണ്ട് സ്വാഭാവികമായ ഒരു പരിണാമം സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനൊരു സ്ഥിരതയുണ്ട് എന്താണ് അസ്ഥിരത ഇന്നലെ ഇന്നും നാളെ എന്നിങ്ങനെ അത് സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്നു അത് നിമിഷം മണിക്കൂറ് എന്നിങ്ങനെ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്നു വസ്തുക്കൾക്കും ദേശത്തിനും ആസ്ഥിരതയുണ്ട് ഇന്നലെ കണ്ട ഇന്നും ആ സ്ഥലത്ത് ഇന്നലെ കണ്ട ദേശം തന്നെ ഇന്നും ആ സ്ഥലത്ത് അസ്ഥിരതയാണ് ജാഗ്രത സവിശേഷത സ്വപ്നം അങ്ങനെയല്ലോ അത്യന്ത ചലം ഒരു ക്ഷണത്തിലതുണ്ടായിപ്പോയി അതിനും തമ്മിൽ തുല്യം എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ അനുഭവ വിരുദ്ധമാണല്ലോ എന്നാണ് അത്യന്തം സത്യം അവിവേകിനാം വിവേകിനാമത്വിത് വസ്ത്ര ഉത്പാദ പ്രസിദ്ധവും അപ്രസിദ്ധത്വം പറയുന്നു നിങ്ങളീ പറയുന്നത് ശരിയാണ് ആരെ സംബന്ധിച്ച് ചിന്തിക്കാത്തവർ ചിന്തിക്കാത്തവരെ സംബന്ധിച്ച് ശരിയാണ് അനുഭവത്തെ കൂടി ചിന്തിച്ചു നോക്കുക ഒന്ന് ചലമാണ് മറ്റൊന്ന് സ്ഥിരമാണെന്ന് പറയാൻ കഴിയിട്ടില്ല സ്വപ്നം ക്ഷണികമാണ് ജാഗ്രത് അങ്ങനെയല്ല എന്ന് പറയാൻ ഒരിക്കലും കഴിയത്തില്ല എന്തുകൊണ്ട് സ്വപ്നത്തിലേക്ക് പോയാൽ മതി സ്വപ്നത്തിലും ഇതെല്ലാം സംഭവിക്കാം അവിടെയും ജനിക്കാം വളരാം പല അവസ്ഥകളെ പിന്തിടാം പിന്നിട്ട് പോകാം അവിടെ ഈ സ്ഥിരമായ കാലത്തെ അനുഭവപ്പെടാം അനുഭവപ്പെട്ടിട്ടുണ്ട് സ്ഥിരമായ ദേശത്ത് ഇത് എവിടെ അനുഭവപ്പെടുന്നുള്ളു ഈ ജാഗ്രത്തിന് അനുഭവപ്പെടുന്നു ഈ പറയുന്ന സ്ഥിരത അതുപോലെ ആ സ്ഥിരത ഈ സ്വപ്നത്തിന്റെ അനുഭവപ്പെടുന്നുള്ളൂ ഇവിടെ അത് അനുഭവപ്പെടുന്നുണ്ട് സ്വപ്നത്തിന്റെ സ്ഥിരത ഇവിടെയില്ല സ്വപ്നത്തിലെ കാല ദേശങ്ങളുടെ ദൈർഘ്യം അവിടെ ഉണ്ടായിരുന്നു ഉണർന്നതിന് ശേഷമാണ് പറയുന്നത് അത് ക്ഷണികമായിരുന്നു ഈ കാലത്തിൽ ഈ ദേശത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിനൊരു സ്ഥിരതയുണ്ട് ഉണ്ടെങ്കിൽ ആ കാലത്ത് ആ ദേശത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ സ്ഥിരതയുണ്ടായിരുന്നു സ്വപ്നത്തിൽ ഒരാൾക്ക് ജന്മങ്ങൾ സംഭവിക്കാം ജനനവും മരണവും സംഭവിക്കാം പക്ഷെ ജാഗ്രതയിൽ ഉണങ്ങിയതിനു ശേഷം പറയുന്ന ആ കാലദേശങ്ങൾ ക്ഷണികമായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ അനുഭവം എന്താണോ ഞാൻ ഉറങ്ങി ഉറക്കത്തിൽ സ്വപ്നം കണ്ടു ഉണങ്ങിയതിനു ശേഷം പിന്നെ ചിന്തിക്കുന്നു എപ്പോഴാണ് ഉറങ്ങാൻ കിടന്നത് എപ്പോഴാണ് ഉണർന്നത് അതിന് രണ്ട് മിനിട്ടേ ഉറങ്ങിയുള്ളൂ ആ രണ്ട് മിനിറ്റിനകം ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ജാഗ്രത്തിന്റെ കാലത്തിന്റെ അളവാണ് ജാഗ്രത്തിലെ ദേശത്തെ കുറിച്ചാണ് പറയുന്നത് ഞാനിവിടെ രണ്ട് മിനിറ്റ് കിടന്നു ഇതെല്ലാം ജാഗ്രതയിലാണ് ജാഗ്രതയിലിവിടെ അനുഭവപ്പെടുന്ന ഈ സ്ഥിരതയുമായി നോക്കുമ്പോ അത് കേവലം അല്പമാണ് പക്ഷെ ആ രണ്ട് മിനിറ്റിൽ സ്വപ്നത്തിലേക്ക് പോയപ്പോ അവിടുത്തെ കാലദേശങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടു ആ സ്വപ്നദ്രഷ്ടാവിന് അവിടെയും സ്ഥിരമായ സ്ഥായിയായ കാലദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇതുമായിട്ട് താരതമ്യം ചെയ്തിരുന്നു അവിടെ അയാൾ ജനിച്ചു ജീവിച്ചു മരിച്ചു എല്ലാം അയാൾ സംഭവിച്ചു അവിടെ ദീർഘകാല അനുഭവമുണ്ട് അവിടെ സ്ഥായിത്വ അനുഭവം ഉണ്ട് ഉണ്ടായിരുന്നു ഇതാണ് അവിവേകിനു പറഞ്ഞത് വിവേകികൾക്ക് അതറിയാൻ പറ്റുന്നു ചിന്തിക്കുന്നു വ്യത്യാസം കാണാൻ കഴിയുന്നില്ല ഇവിടുത്തെ ദൈർഘ്യം അവിടെയും നമുക്ക് അനുഭവപ്പെട്ടതാണ് പക്ഷെ ഇപ്പോ അല്ലല്ലോ ഇത് ഈ അനുഭവവേളയിൽ എങ്ങനെയാണോ സത്യമായിരിക്കുന്നത് അതുപോലെ ആ അനുഭവവേളയിൽ അത് സത്യമായിരുന്നു എന്നാലും അത് ഇപ്പോ ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇതും നാളെ ഇല്ലാതാകാം ഇതും നാളെ സംഭവിക്കാം ഇല്ലാതാകാം എന്താനും പറയും എന്താണ് വ്യത്യാസമുണ്ട് ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടുവന്നാണ് അനുഭവം അതുകൊണ്ട് അത് ഇതും തമ്മിൽ വ്യത്യാസം നമ്മൾ പറയാറില്ല എന്താണ് ഞാൻ ഉണർന്നിരുന്നപ്പോ കണ്ട സ്വപ്നം ഒന്ന് എന്താ പറയുന്നത് ഞാൻ ഉറങ്ങി ഉറക്കത്തിൽ സ്വപ്നം കണ്ടുവന്നാണ് എന്താ ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു എന്നുള്ളത് കൊണ്ട് സ്വപ്നം സത്യമാകും സത്യമാകുമെങ്കിൽ എന്തു വേണം ഞാനൊരു സ്വപ്നം കണ്ടു അതിലെങ്ങനെയാണ് വേണ്ടത് ആ സ്വപ്നം എങ്ങനെയായിരുന്നു ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു എന്നാണ് അതുകൊണ്ട് ആ സ്വപ്നം സത്യമാകും സ്വപ്നത്തിൽ ഇത് സംഭവിക്കാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ഒരാൾ ഉറങ്ങാം സ്വപ്നത്തിനും ജാഗ്രതും സ്വപ്നവും സൃഷ്ടിയെല്ലാം വരാം അയാളുടെ അനുഭവം അങ്ങനെ ഇരുന്നെന്താണോ ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു അതുകൊണ്ട് എന്താ ഇപ്പൊ വളർന്ന ശേഷം പറയുന്നുണ്ടോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് അത് സത്യമാണ് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ടിപ്പോ പറയ ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു അത് വേറെയാണ് അത് അസത്യമാണ് ഉണർന്നിരുന്ന് ഞാൻ സ്വപ്നം കാണുന്നില്ല അത് സത്യമാണ് എന്നല്ല ഇവിടെ പറയുന്നുണ്ട് ഇവിടെ എങ്ങനെ അനുഭവിക്കുന്നുണ്ട് ഇതങ്ങനെ സത്യമാവും ഈ ജാഗ്രത് സത്യമാണെന്ന് കരുതാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം അനുഭവങ്ങൾ എടുത്ത് കാണിച്ചാലും ശരി ഈ അനുഭവങ്ങളെല്ലാം സ്വപ്നത്തിന് സംഭവിക്കാം പക്ഷേ അനുഭവങ്ങളെ കൊണ്ട് നമുക്ക് സ്വപ്നം സത്യമാണെന്ന് സമർത്ഥിക്കാൻ പറ്റും എന്തൊക്കെ വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായാലും അത് തന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ വിചിത്രമായ അനുഭവം ഉണ്ടായാലും ഇതും അസത്യം എന്ന് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അസത്യാനുഭവം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അസത്യാനുഭവത്തെ നമുക്ക് സ്മരിക്കാൻ കഴിയുന്നുണ്ട് അതും എങ്ങനെ സത്യമായ ഒരു അനുഭവത്തെ പിന്നീട് അസത്യമാണെന്ന് നമുക്ക് ബോധിക്കാൻ കഴിയുന്നു സത്യമായിരുന്ന സ്വപ്നത്തെ കണ്ടപ്പോ നമുക്ക് അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയും ഇപ്പോ അങ്ങനെയാണെങ്കിൽ സത്യമായിരിക്കുന്ന ഈ അനുഭവം അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയണം ആർക്കോ വിവേകികൾക്കോ അതാണ് ഇവിടെ പറയുന്നത് സത്യമേവേകിനാസാദ് വിവേകിനാമജി വസ്ത്രന ഉത്പാദ പ്രസിദ്ധവും ഇവിടെ അജാതിയെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് വിവേകികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒന്നും ഇവിടെ സത്യമായി നിലനിൽക്കുന്നു ഉണ്ടാകുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല അപ്രസിദ്ധത്വ ഉപാദസ്യ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സൃഷ്ടി അത് അപ്രസിദ്ധമാണ് ഇല്ലാത്തതിന് സമമാണെന്ന് നടത്തി കൊണ്ടെന്ന് എത്ര സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ശരി അവരത് ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അജ്ഞനോട് അജ്ഞനോട് നിങ്ങൾ എത്ര ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി ഇത് പരമാർത്ഥമല്ലെന്ന് അവനെ ബോധ്യപ്പെടുത്തില്ല എന്റെ അജ്ഞാനം നിലനിൽക്കുന്നിടത്തോളം കാലം അജ്ഞാനത്തെ നിഷേധിക്കാൻ കഴിയാത്തിടത്തോളം കാലം അവനോട് നിങ്ങൾ എത്ര പ്രസംഗിച്ചാലും ശരി അവന്റെ ബുദ്ധിക്ക് ബോധ്യം വരത്തിൽ എന്താണ് ഇത് സത്യമല്ല എന്നുള്ളത് അവൻ സത്യമായിട്ട് തന്നെ അനുഭവപ്പെടും അതുപോലെ ഇവിടെ പറയുന്നു ഒരു വിവേകിയോട് നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ശരി ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല അവർക്കിത് അസത്യമായിട്ടേ ബോധ്യപ്പെടുത്തുള്ളൂ ഇത് പരമാർത്ഥമല്ലെന്നേ ബോധ്യപ്പെടുത്തുള്ളൂ എന്തുകൊണ്ട് ആത്മീയ സർവം ത്യജം സർവം ഉദാഹരണം അജം സർവം ഇതാഹം അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അജമായ ആത്മാവാണ് സർവം സർവമെന്ന് പറയുമ്പോൾ ഈ ജാഗ്രതും സ്വപ്നവും അല്ല സത്യം എന്ന് തോന്നുന്ന ഈ ജാഗ്രതയും അസത്യം ഒന്ന് തോന്നിയ ഈ സ്വപ്നവും എല്ലാം എന്താണ് അജമായ ആത്മാവാണോ അജമായ ആത്മാവാണെങ്കിൽ പിന്നെ എങ്ങനെ അയാളുടെ ഉത്പാദത്തെക്കുറിച്ച് എങ്ങനെ ബോധിപ്പിക്കാൻ കാണുന്നതിന്റെ സത്യത്വം അതെങ്ങനെ ബോധിപ്പിക്കാൻ പറ്റും ഇക്കാര്യം ഉദാഹരണം വേദാന്തവും ഇക്കാര്യം തന്നെയാണ് ശ്രുതി എന്നും പറയുന്നത് ഇവിടെ ആചാര്യം പറയുന്നത് തന്റെ മനസിന്റെ കൽപ്പന അല്ല ഇത് ശ്രുതി പറഞ്ഞിരിക്കുകയാണ് തനസ ബാഹ്യാഭ്യന്തരോ കാര്യരൂപത്തിലും കാരണരൂപത്തിലും എല്ലാം പ്രതീതമാകുന്ന അവൻ അജനാണ് സ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ തന്നെ അവിടെ ദുഷ്ടാവായിട്ട് ഒരുവനേയുള്ളു ആ ദുഷ്ടാവായി ഇതിനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ തന്നെ കാര്യരൂപത്തിലും കാരണരൂപത്തിലും ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴും അവൻ അജനാണ് ജനിച്ചാലേ കാര്യവും കാരണവുള്ളൂ ജനിക്കാതിരിക്കുന്നവനെങ്ങനെ കാര്യവും കാരണവും പക്ഷെ ജനിക്കാതിരിക്കുന്നെങ്കിലും മുൻകാര്യ കാരണരൂപത്തിന് അനുഭവപ്പെടുന്നു അജം സർവ്വം ഉദാഹൃതം പൂർവ്വ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു വേദാന്തം ഉപനിഷത് അതനും പറഞ്ഞിരിക്കുന്നു നേരത്തെ പറഞ്ഞുണ്ടോ ഇവിടെ ഒരു മുഖ്യമായ സിദ്ധാന്തത്തെ പറയാണ് ജാഗരിതാ സദ അസത് സ്വപ്നോ ജായതേ ഈ യാഥാർത്ഥ്യമായി നമുക്ക് അനുഭവപ്പെടുന്ന ഈ ജാഗരത്തിൽ നിന്ന് ഇതിന്റെ സംസ്കാരം കൊണ്ട് കാൽപ്പനികമായ സ്വപ്നം ഉണ്ടാകുന്നു എന്ന് കരുതുന്നുണ്ടല്ലോ തത് അസത് അതും അസംബന്ധമാണ് ഭൂതാദ് അഭൂതസ് അസത സംഭവിക്കും അസത്യമായ ഒന്ന് ഒരനുഭവം ഉണ്ടാകണമെങ്കിൽ അതിന്റെ സത്യമായ അനുഭവം ഉണ്ടാകണമെന്ന് സാധാരണ പറയാറുണ്ടല്ലോ അത് ശരിയല്ല എന്തുകൊണ്ട് സർപ്പഭ്രാന്തി ഉണ്ടാകണമെങ്കിൽ മുമ്പ് സർപ്പത്തിന്റെ ശരിയായ യഥാർത്ഥത്തിലുള്ള സർപ്പത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു അത് ശരിയല്ല അങ്ങനെ പറയാറുണ്ട് രജതത്തിന്റെ ഭ്രാന്തി ഉണ്ടാവണമെങ്കിൽ സത്യമായ രജതത്തിന്റെ അനുഭവം ഉണ്ടാവണം അത് ശരിയല്ല ആ ശരിയാണ് ഒരു കാര്യം ശരിയാണ് എന്താണ് രജതഭ്രാന്തി ഉണ്ടാകുന്ന ആളിന് മുമ്പ് രജതത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു സർപ്പഭ്രാന്തി ഉണ്ടായ എണ്ണ മുമ്പ് സർപ്പത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു അത്രമാത്രം ശരിയാണ് പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോ ഉണ്ടായ അനുഭവം ഭ്രാന്തി മുമ്പുണ്ടായിരുന്ന അനുഭവം സത്യം അങ്ങനെ വെറുതിരിക്കാൻ പറ്റത്തില്ല അത് സാധ്യമല്ല മുമ്പുണ്ടായിരുന്ന അനുഭവം ഭ്രാന്തി ഇപ്പോഴുള്ള അനുഭവം ഭ്രാന്തി തന്നെ ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവും അവിടെയാണ് വ്യത്യാസമുള്ളത് അപ്പൊ സത്യമായ ജാഗ്രതമായ സ്വപ്നം ഉണ്ടായി എന്നല്ല അസത്യമായ സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം പൂർണ്ണമായും ശരിയായി എന്നി പറയും ഭൂതാദ് വിദ്യമാനാദ് അഭൂതസ്യ അസതംഭവസ്ഥ സത്യത്തിൽ നിന്നും അസത്യം ഉണ്ടാവുക അതെങ്ങനെ സംഭവിക്കും സത്യത്തിൽ നിന്ന് അസത്യം എന്തുകൊണ്ടുണ്ടാകുന്നില്ല കാരണം അത്യന്തം വിരക്ഷണമായ പരസ്പര വിരുദ്ധമായ ഒന്ന് നിന്ന് മറ്റൊന്നെങ്ങനെ ഉണ്ടാവും പരസ്പര വിരുദ്ധമായ രണ്ട് വസ്തുക്കൾ നമ്മളുടെ എത്തിയിട്ട് ഒന്നും മറ്റൊന്നുണ്ടായെന്നിങ്ങനെ പറയും അങ്ങനെ ലോകത്ത് സംഭവിക്കാറേയില്ല ലൗകികമായ ദൃഷ്ടാന്തങ്ങളിലും കാണാറില്ല കാര്യകാരണ ഭാവത്തിൽ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ഘടകങ്ങളുണ്ട് ലോകത്തിലും അങ്ങനെ കാണുന്നു മനുഷ്യരിൽ നിന്നും മനുഷ്യരുണ്ടാകുന്നു മൃഗങ്ങളിൽ നിന്നും മൃഗമുണ്ടാകുന്നു സസ്യങ്ങളിൽ നിന്നും സസ്യങ്ങളുണ്ടാവുന്നു ഇങ്ങനെ ഒരു ബന്ധമുണ്ട് ഇതും മറിച്ച് കാണാറില്ല സംഭവിക്കാറില്ല അതുപോലെ ഇവിടെ ജാഗ്രത സ്വപ്നങ്ങൾക്കൊരു കാര്യകാരണഭാവം പറയുകയാണെങ്കിൽ സത്തായ ജാഗ്രതയിൽ നിന്ന് അസത്തായ സ്വപ്നം അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അതാണ് ഭൂതാത് വിദ്യമാനാത് അഭൂതസ്യ അസതഃ സംഭവം അസ്ഥിരൂപി അങ്ങനെ സംഭവിക്കാറില്ല നഹി അസത ശശവിഷാണാദേഹി സംഭവോ ദുഷ്ട കഥഞ്ചി തസത്തായ ശേഷവിഷാണുവും മറ്റും അസത്തായതിൽ നിന്നും ഉണ്ടാകുന്നില്ല അതിൽ നിന്നും മറ്റൊരസത്തുണ്ടാകുന്നില്ല അതുകൊണ്ടിതിന് സത്യമെന്ന് കരുതുകയും ഇതിൽ നിന്ന് അസത്യം ഉണ്ടായി എന്ന് കരുതുകയും ചെയ്യുന്നത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമില്ല ഇത് അതുകൊണ്ട് തന്നെ പരസ്പര വിരുദ്ധമാവും അതുകൊണ്ട് സത്യമായ പ്രപഞ്ചം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നമുക്കനുഭവപ്പെടുന്നത് നമ്മൾ ഉണ്ടായതായി കരുതുന്നത് അത് അസത്താണ് എന്നാണ് പറയുന്നത് ൂതൂത സമ്പവോസ്തി സത്യത്തിൽ നിന്നും ആസത്യുണ്ടാകുമില്ല ഉദ്യസിദ്ധ അജം ഉദാഹരം നൂതോസ് കഥഞ്ചന അസാഗരിത്തെ ദൃഷ്ട സ്വപ്നേ പശ്യതി തന്മയാവ്നെ അസജാഗ്രതയെ ദൃഷ്ട ഈ ജാഗ്രത എന്ന് പറയുന്നത് കേവലം ഒരനുഭവം മാത്രം അതിനോട് നമ്മൾ സത്യത്തെ കൂട്ടിച്ചേർക്കുകയാണ് കേവലമായ അനുഭവത്തിൽ സത്യത്തെ കൂട്ടിച്ചേർത്തിട്ട് പറയുന്നു ഇത് സത്യമാണ് വാസ്തവത്തിൽ ഈ അനുഭവം അല്ല സത്യം ഈ അനുഭവത്തിന് ആധാരമായി എന്താണോ സത്യം ഇതിന്റെ ആധാരമായിരിക്കുന്നതിന് ഈ അനുഭവത്തിലോട് കൂടി ചേർന്നു ആധാരമായിരിക്കുന്ന ഈ സത്യത്തെ ഈ അനുഭവത്തിൽ ആരോപിക്കുന്നു ആരോപിച്ചിട്ടോടെ അതിനെ സംബന്ധിച്ചൊരു മിഥ്യാധാരണ ഉണ്ടാകും എന്താണ് ഈ സത്യം ഈ അനുഭവത്തിലാണ് വാസ്തവത്തിൽ സത്യത്തിന്റെ പ്രതിഫലനം ഈ അനുഭവത്തിൽ സംഭവിക്കുന്നതേയുള്ളൂ സൂര്യന്റെ പ്രതിഫലനം ജലത്തിൽ സംഭവിക്കുന്നത് പോലും സത്യത്തിന്റെ പ്രതിഫലനം ഈ അനുഭവത്തിൽ സംഭവിക്കുന്നു അത് തിരിച്ചറിയുന്നു മനസ്സിലാകുന്നു എന്താണ് അസത് ജാഗ്രത ദുഷ്ട ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും അസത്ത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളിൽ താൻ ആരോപിച്ച സത്യത്വം അല്ലാതെ അതിന് സത്യത്വം മായാജാലം പോലെ ഇന്ദ്രജാലം പോലെ അടുത്ത കുറിച്ചും പറയും ഇന്ദ്രജാലത്തെ കാണുന്നുവൻ അത് ആരോപിക്കുകയാണ് സത്യമാണെന്ന് കരുതുന്നു അത് നനുത്തം തൊയായവ സ്വപ്നോ ജാഗ്രത കാര്യമിതി മുമ്പോ പറഞ്ഞല്ലോ കഴിഞ്ഞതിന് മുമ്പ് സ്വപ്നം ജാഗ്രത കാര്യമാണെന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ പറയുന്നിവിടെ ഒന്നും ഉത്പന്നമാകുന്നില്ലല്ലോ ഇപ്പൊ ജാഗ്രതത്തിനും സ്വപ്നത്തിനും കാര്യകാരണഭാവത്തെ സ്വീകരിക്കുകയും ജാഗ്രതത്തിന്റെ കാര്യമാണ് സ്വപ്നം എന്ന് പറയുകയും സ്വപ്നത്തിന്റെ കാരണം ജാഗ്രതാണെന്ന് പറയുകയും എന്നാൽ ചെയ്തതിനു ശേഷം പിന്നീട് പറയുന്നു ഇവിടെ അജാതിയാണ് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു ആണ് നന ഒപ്പം പൊയവ സ്വപ്നവും ജാഗ്രത കാര്യം ഇതിൽ സ്വപ്ന ജാഗ്രത കാര്യമാണെന്ന് പറഞ്ഞല്ലോ തദ്ധം ഉത്പാദവും അപ്രസിദ്ധയിച്ചത് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും ഉത്പത്തി അപ്രസിദ്ധമാണെന്നുപത്തി അപ്രസിദ്ധമാണെങ്കിൽ സ്വപ്നം എങ്ങനെ ഒരു ഉത്പന്ന വസ്തുവാകും അതെങ്ങനെ കാര്യമാകും ജാഗ്രത അങ്ങനെ കാരണമാകും നിങ്ങൾ തന്നെ നിങ്ങൾ പറയുന്നതിന് വിരുദ്ധമായി സംസാരിക്കും എന്നാണ് ചോദിക്കുന്ന സമാനം പറയുന്നു ശ്രമോ കേൾക്കുക സ്വനത്തത്ര ആ വിഷയത്തിൽ സ്വപ്ന ജാഗ്രത എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിഗമനം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക യഥാ കാര്യകാരണഭാവവും അസ്മാർ അഭിപ്രായത ഞങ്ങൾ എങ്ങനെയാണ് ഈ കാര്യകാരണഭാവത്ത് പറയുന്നത് സ്വപ്നവും ജാഗ്രതയും തമ്മിലുള്ള ബന്ധത്തെ ഞങ്ങൾ എങ്ങനെയാണ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കുക വികൽപ്പതം വസ്തു ജാഗരത്തെ ദൃഷ്ട സ്വപ്ന തൃഷ്ട്രതിക്ക ശാഗരി സ്വപ് നശ്യത്തിസ് സ്വപ്നേതുച്യത്തെ പരമാർത്ഥസ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തോടെ പറയുകയാണ് അസദ് അവിദ്യമാനം രവത് വികൽപ്പതം വസ്തു ജാഗരിതേ ദൃഷ്ട പരമാർത്ഥത്തിൽ ഈ ജാഗ്രതയിൽ കാണുന്നു സത്തല്ല അസത്താണ് അവിദ്യമാനമാണ് പരമാർത്ഥത്തെ നിലനിൽക്കാത്ത രജു സർപ്പത്തെ പോലെ അങ്ങനെയുള്ള വികല്പങ്ങളെ ജാഗ്രതയെ ദൃഷ്ട ജാഗ്രത കാണുന്നു കണ്ടിട്ട് തദ്ഭാവഭാവിതഹ ആ വാസനയോടുകൂടിയവനായി തന്മേഹ ജാഗ്രത് വാസനാമയനായി സ്വപ്നഗ്രാഹകരൂപേണ സ്വപ്നത്തിലും ഈ ജാഗ്രതത്തിലെ പോലെ തന്നെ ഗ്രാഹ്യ ഗ്രാഹകരൂപത്തിൽ വികൽപ്പിച്ചുകൊണ്ട് ഈ വസ്തുക്കളെല്ലാം ആരോപിച്ചുകൊണ്ട് പശ്യതി സ്വപ്നത്തിൽ വസ്തുക്കളെ കാണുന്നു ജാഗ്രതൽ എങ്ങനെയാണോ ഗ്രാഹ്യ ഗ്രാഹക രൂപത്തിൽ കാണുന്നവനും കാണുന്ന വിഷയവുമായി അറിയുന്നത് അതിനെല്ലാം ആരോപിച്ചിട്ട് സ്വപ്നത്തിലും അറിയുന്നു തഥാസ്വപ്നെ വിധിഷ്ടപ്രതിബുദ്ധന വശി അികൽപ്പയൻ ഉണ്ണന്നതിന് ശേഷം അത് കാണുന്നതിന് എന്തുകൊണ്ട് ആ ഭ്രമം അവിടെ നശിച്ചു ആ ഭ്രാന്തി അവിടെ അവസാനിച്ചതുകൊണ്ട് ഉള്ളതിനു ശേഷം അത് കാണാൻ കഴിയുന്നില്ല പറയുന്നത് രണ്ട് സമമാണെങ്കിൽ എന്തിനാ ഈ രണ്ടവസ്ഥ സ്വപ്നം തന്നെ ഇങ്ങോട്ട് തുടർന്നാൽ പോരെ ജാഗ്രത്തിൽ ജാഗ്രതെന്ന് വേറിട്ടൊരു കാഴ്ച എന്തിനാണ് അനുസമാനം പറയുന്നു സ്വപ്നത്തിൽ നിങ്ങൾ സൃഷ്ടിച്ച വികല്പങ്ങൾ അത് അവിടെ തന്നെ ഉടങ്ങി ജാഗ്രതനാ വികല്പാണ് ഉള്ളത് ജാഗ്രത വികല്പം വേറെയാണ് സ്വപ്നവികൽപ്പം അവിടെ തീർന്നു ഇവിടെ അതുപോലെ വകൽപ്പിക്കാൻ കഴിയുന്നില്ല സങ്കല്പിക്കാൻ കഴിയുന്നില്ല അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സ്വപ്ന വിധിഷ്ടോ ആച്ച പ്രതിബിദ്ധി ആ വികൽപ് സ്വപ്നത്തിൽ കണ്ട അസത്ത് തന്നെയാണ് പക്ഷെ ആ കാഴ്ച അവിടെ അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു ആ വികല്പങ്ങൾ അവിടെ തീർന്നു ഇവിടെ ഉണ്ട് വികല്പങ്ങൾ ഇത് പുതിയ വികല്പങ്ങളാണ് അതല്ല അത് തുടർന്നിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഭേദം വരത്തില്ലായിരുന്നു ജാഗ്രത് സ്വപ്നം ഒരേ നാടകം തന്നെ കാണുന്നു ഇടയ്ക്കൊരു കർട്ടൻ ഇടുന്നു എന്നുള്ള വ്യത്യാസം അവന് രണ്ടുമല്ല വ്യത്യാസം തുടരുന്നില്ല ഒരു കർട്ടൻ ഇടാതെ തുടർന്നാൽ ഒറ്റ രംഗമായി അനുഭവപ്പെടും ഇതങ്ങനെയല്ല എന്ന പരിസ്ഥിതി അികൽപ്പികൽപങ്ങളെല്ലാം അവിടെ അവസാനിപ്പിച്ചിട്ട് എവിടെയാണത് അവസാനിപ്പിക്കുന്നു ഒരു അവസ്ഥയിൽ നിന്നും വേറൊരു അവസ്ഥയിലേക്ക് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വികൽപ്പത്തിൽ നിന്നും വികൽപ്പഹിതമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു മറ്റൊരു വികൽപ്പത്തിലേക്ക് എന്ന് വേണമെങ്കിലും പറയാം ഒരു വികൽപ്പത്തിൽ നിന്നും മറ്റൊരു വികൽപ്പത്തിലേക്ക് മാറുമ്പോ അവിടെ എന്താ ആ മാറ്റം സംഭവിക്കുന്നിടത്ത് തീർച്ചയായും അവിടെ വികൽപ്പങ്ങളൊന്നും കാണത്തില്ല വികൽപ്പരഹിതമായിരിക്കും അതുപോലെ സ്വപ്നമാകുന്ന ഈ വികൽപ്പം അവിടെ നിന്ന് ജാഗ്രതയിലേക്ക് വരണമെങ്കിൽ ആ വികൽപ്പത്തെ എല്ലാം അവസാനിപ്പിക്കുന്നു അവിടെ സ്വപ്നമല്ല എന്തുകൊണ്ടത് അവസാനിച്ചിരിക്കുന്നു ജാഗ്രതല്ല എന്തുകൊണ്ട് ജാഗ്രത അനുഭവങ്ങൾ അവിടെയില്ല അപ്പോൾ കൽപ്പനാരഹിതമായൊരു തലത്തിൽ നിന്നും രണ്ടു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു എന്നും പറയാം സ്വപ്നത്തിലേക്കും ജാഗ്രതത്തിലേക്കും ശകുനി ദൃഷ്ടാന്തവും മറ്റും പറയുന്നതാണ് ശകുനി ബന്ധിച്ചിരിക്കുന്ന ഒരു കുറ്റി അത് സ്ഥിരമാണ് സ്ഥായിയാണ് ആ കുറ്റിയിൽ നിന്ന് ശകുനി എന്ന് പറഞ്ഞാൽ പക്ഷി അതിനൊരു കയറുകൊണ്ട് കെട്ടി ബന്ധിച്ചിരിക്കുകയാണ് ഒരു കുറ്റിന്റെ അവിടെ നിന്ന് ആ പക്ഷി പല ദുഃഖുകളിലേക്കും പറക്കുന്നു ബന്ധനത്തിനൊന്നും അതിന് മോചിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് എവിടെ നിന്നാണോ പറന്ന അവിടേക്ക് ആ ഒന്ന് വീഴുന്നു അതുപോലെ ഈ തുരീനിൽ നിന്നും ഈ പക്ഷി പറക്കുന്നു ജീവനാകുന്ന പക്ഷി പറക്കുന്നു സ്വപ്നത്തിലേക്ക് സ്വപ്ന ലോകത്തിലേക്ക് അവളെ പോയി പരന്ന് സൃഷ്ടിച്ചു ആ പറന്ന് ക്ഷീണിക്കുമ്പോൾ വീണ്ടും ആ തുരിയിലേക്ക് തന്നെ വരുന്നു എന്തിനു വീണ്ടും അടുത്ത പറക്കലിന് വേണ്ടിയിട്ട് അടുത്ത് വീണ്ടും പറക്കുന്നു പക്ഷെ ഒരു പറകൽ അവസാനിപ്പിച്ചിട്ടാണ് അടുത്ത പറക്കൽ ഒരു പറക്കൽ അവസാനിപ്പിച്ച് അടുത്ത പറക്കലിലേക്ക് പോകുന്നതിന് മുമ്പ് അത് തുര്യനായി തന്നെ ചെയ്യുന്നു നമ്മൾ പറയുന്നത് പക്ഷി വിശ്രമിക്കുന്നു എന്ന് പറയുന്നു ഇതിന്റെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നവനായി തുര്യൻ അവിടെ നിൽക്കുന്നു പക്ഷെ ഒന്നിനൊന്ന് വിലക്ഷണമായിരിക്കുന്നു പ്രത്യേക സ്വഭാവത്തോടുകൂടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇടയ്ക്കാ വകൽപ്പ് അവസാനിപ്പിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതുവരെ സ്വപ്നമായിരുന്നു ഇത് ജാഗ്രത ഇനി ആ കുരിയനിൽ തന്നെ സ്ഥിരനായവനാണെങ്കിലോ ഇതുവരെ സ്വപ്നമായിരുന്നു ഇത് സ്വപ്നം തന്നെ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അവൻ തുല്യ സ്ഥിതനായി രണ്ടിനെയും കാണും മുമ്പ് പറന്ന ആ പറക്കെയും ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയും ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കാണും പറയാൻ കഴിയുന്നു എന്താണ് സ്വപ്നം തന്നെ എന്ന് പറഞ്ഞാൽ അസ്വപ്നം എങ്ങനെയാണോ പരമാർത്ഥമല്ലാതിരുന്നത് അതുപോലെ ഇതും പരമാർത്ഥമല്ല ഒരു കാര്യം നമുക്ക് ബോധിക്കാൻ കഴിയുന്നുണ്ട് എന്താണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന അത് പരമാർത്ഥമല്ല അത് ബോധിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ആ വികൽപ്പം അവസാനിച്ചു അതാണ് ഇവിടെ പറയുന്ന ആ വികൽപ്പം എന്നാ വികൽപ്പങ്ങൾ അവസാനിച്ചു വികൽപ്പം എവിടെയാണോ അവസാനിക്കുന്നത് ആ അവസാനിക്കുന്നിടത്ത് നിന്ന് ചിന്തിച്ചാൽ അറിയാൻ പറ്റുമെന്നാണത് പരമാർത്ഥമല്ല പക്ഷേ ഇവിടെ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു പുതിയൊരു വികല്പം അവസാനിച്ചെങ്കിലും ആ വികല്പമേ അവസാനിച്ചുള്ളൂ ഈ പുതിയ വികല്പം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് സ്വപ്നത്തിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വന്ന വികല്പം ഇത് അവസാനിക്കുന്നു ഇത് അവസാനിക്കാത്തതുകൊണ്ട് ഇതും അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞല്ലോ തുരിയധിഗമം തുരിയസ്ഥിതൻ തുര്യ സ്ഥിതനെ സംബന്ധിച്ച് ഈ വികൽപ്പം അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയാണോ സ്വപ്ന വികൽപ്പം അവസാനിച്ചത് അതുപോലെ ഈ വികൽപ്പത്തെ അവസാനിപ്പിച്ചു സ്വപ്നം തനി അവസാനിക്കുന്നുള്ളർന്നിരിക്കുന്നവന് അതിന്റെ മേളിൽ യാതൊരു സ്വാധീനവും ആ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോ ആ കാണുന്നവൻ തന്നെയാണ് അതിനോട് താതാത്മ്യപ്പെട്ടിരുന്നത് ആ താതാത്മ്യപ്പെടൽ തന്നെയാണ് അവന് സ്വപ്നത്തിന്റെ മേളിലുള്ള സ്വാതന്ത്ര്യം അതിനെന്തെല്ലാം അസ്വാതന്ത്ര്യം അനുഭവിച്ചാൽ ജാഗ്രത്തിനും എന്ത് ചെയ്യുന്നു ഈ കാഴ്ചകളോട് താതാന്യപ്പെട്ടിരിക്കുന്നു അതുതന്നെയാണ് അവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതായത് അവൻ ഇച്ഛിക്കുന്നു അവൻ പ്രവർത്തിക്കുന്നു അതെല്ലാം നടക്കുന്നു അവന്റെ അറിവും ഇച്ഛയും പ്രവൃത്തിയും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്നാലും തനിക്കിതിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടോ ഇല്ല എന്തിനുള്ള സ്വാതന്ത്ര്യം ഇതിനവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ശരി ഇതെന്റെ സ്വാധീനത്തിലാണെന്ന് പറയാം ആ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല പക്ഷേ തുരീയസ്ഥിതനായവൻ ഇതിനവസാനിപ്പിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ളവനാണ് അവന് മനസ്സിലാകും എന്താണ് പ്രതിബുദ്ധനായി ജാഗ്രത്തിലേക്കല്ല അവൻ പ്രതിബുദ്ധനാകുന്നത് തുരീയത്തിലേക്ക് പ്രതിബുദ്ധനായി എന്ന പശി ഈ വികൽപങ്ങളെ ഒന്നും കാണാതെ ആ വികല്പയൻ വികല്പരഹിതനാണ് അവൻ സ്ഥിതി ചെയ്യുന്നു എന്നും പറയാം ഇവിടെ മുഖ്യമായി പറയുന്നത് ജാഗ്ര സോഹനങ്ങളെ താരതമ്യം ചെയ്തിട്ട് പറയുകയാണ് എന്തുകൊണ്ടൊരു വികൽപ്പത്തെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു മറ്റൊന്നിനെന്തുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല അതിനെക്കുറിച്ച് പറയുകയാണ് ശബ്ദ തഥാ ജാഗരിദേവി ദൃഷ്ട സ്വപ്ന പശ്യത്തി രണ്ടും തമ്മിലെന്താ വ്യത്യാസം ഇവിടെ സ്വപ്നത്തിൽ ഒന്നും കാണുന്നില്ല നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളു കുര്യൻ എത്തിയില്ല അക്കാര്യം പറയുകയാണ് ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഉറപ്പിക്കുകയാണ് എന്താണ് അവിടെ കണ്ട കാഴ്ചകളെല്ലാം അസത്യമാണ് എന്തുകൊണ്ടാണ് അത്ര തറപ്പിച്ച് പറയുന്ന ഒന്നും ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആണെന്ന് നമ്മൾ പറഞ്ഞത് ഇവിടെ അതൊന്നും കാണുന്നില്ല അതുകൊണ്ടത് ഉറപ്പിക്കുന്നു എന്നാൽ സ്വപ്നത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക ഈ കാഴ്ചകളൊന്നും അവിടെ ഇല്ലല്ലോ ജാഗ്രതയോ വിദിഷ്ടോ ആ സ്വപ്നേനൊക്കെ ശരി ഇവിടെയെല്ലാം സത്യമായും പരമാർത്ഥമായും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇതിനവിടെ കാണുക എന്നവരെനിന്ന് സംഭവിക്കുന്നുണ്ട് ഇന്ന് കഥാചിത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇത് സത്യമാണെന്ന് അവിടുത്തെ കാഴ്ചകളൊന്നും ഇവിടെ കാണാത്തതുകൊണ്ട് ഇത് അസത്യമാണെന്ന് പറയാൻ കഴിയുമെങ്കിൽ ഈ കാഴ്ചകളൊന്നും അവിടെ കാണാതിരിക്കാ അതെങ്ങനെ ഇതെങ്ങനെ സത്യമാകും സത്യമാകാൻ കഴിയില്ലെന്നാണ് അപ്പൊ അത് ക്ഷണികമല്ലേ അത് ചഞ്ചലമല്ലേ അത് സ്ഥായി അല്ലല്ലോ അത് ഉറക്കത്തിൽ സംഭവിക്കുന്നതല്ലേ ഇത് അതുപോലെയാണോ എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ വരാം അതുകൊണ്ട് പറഞ്ഞ് ഈ പറയുന്നതന്നെ വിവേകിനാ വിവേകിന്ന് ചിന്തിക്കുന്നവണ് അവനെ സംബന്ധിച്ച് പറയുകയാണ് ഇതെല്ലാം അനുഭവമാണെന്ന് അംഗീകരിക്കുന്നവനെ സംബന്ധിച്ച് പറയുകയാണ് ഇതെല്ലാം അനുഭവമാണെങ്കിൽ ഇത് അവിടെ ഇല്ലാത്തത് കൊണ്ട് അസത്യമാണെന്ന് തന്നെ പറയേണ്ടി വരും അതിവിടെ ഇരുന്ന് ചിന്തിക്കുന്നു ചോദിക്കും അത് ജാഗ്രതയിലേക്ക് ചിന്തിക്കാൻ പറ്റും ഈ പറയുന്നതെല്ലാം സ്വപ്നത്തിലാവും എന്ന് ചോദിച്ചാൽ എന്താ ഈ ചർച്ച അവിടെയും ചെയ്യാം അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത് തീരുമാനിക്കാം ചർച്ച അവിടെ ചെയ്യാത്തോണ്ട് അത് തീരുമാനിക്കും ഇവിടെ ചർച്ച ചെയ്ത് ഇവിടെ തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കും അവിടെ ചെയ്യാൻ കഴിഞ്ഞാൽ തസ്മാാഗരിതം സ്വപ്ന ഹേതുരിച്ചിത് എന്നത് പരമാർത്ഥ സിപ്പെടുത്തുക അതുകൊണ്ടിവിടെ ജാഗ്രതാണ് സ്വപ്നത്തിന് ഹേതു എന്ന് പറയുമ്പോ അങ്ങനെ ധരിച്ചു കളയായിരുന്നു ഇത് സത്യമായൊരു ഹേതുവാണ് അങ്ങനെയല്ല ഇത് അസത്യമായ ഹേതു എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഹേതു എന്ന് പറയുന്നത് കൊണ്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് അസത്യമായി ഇത് ഹേതുവാണ് സത്യമായിട്ടല്ല അതിന്റെ അസത്യത്വം നമ്മൾ ബോധിച്ചു കഴിഞ്ഞു അതിന് ശാസ്ത്രം വേണ്ട ഗുരുവേണ്ട ഉപദേശം വേണ്ട ഒന്നും വേണ്ട പക്ഷെ ഇതിന്റെ സത്യത്വം അസത്യത്വം ബോധിക്കണമെങ്കിൽ ശാസ്ത്രവും ഗുരുവും വിനിയോഗമില്ലെന്ന് വേണം ഇത്രയുള്ളൂ വ്യത്യാസം ഇവിടെ ബോധിക്കണമെങ്കിൽ തസ്മാര സ്വപ്ന ഹേതുരിച്ച അതുകൊണ്ട് ജാഗ്രത് സ്വപ്നമാകുന്ന കാരണം സ്വപ്നത്തിന് ഹേതുവാണ് എന്ന് പറയുന്നു എന്നത് പരമാർത്ഥ സദ്യത്തെ കൊടുത്തു അല്ല അതുകൊണ്ട് ഇത് പരമാർത്ഥമാകുന്നു ഇതിൽ നിന്നതുണ്ടായതുകൊണ്ട് ഇത് പരമാർത്ഥമാകുന്നില്ല പരമാർത്ഥം ഒന്നേ ഉള്ളൂ ആ തുരിയിൽ ഇത് രണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ സ്ഥിതനായി നോക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു ഭ്രാന്തി അവസാനിച്ച് മറ്റൊരു ഭ്രാന്തി ഉണ്ടാകുന്നു ഒരാൾക്ക് സെൽപ്പഭ്രാന്തി ഉണ്ടായി അതുകഴിഞ്ഞ് രജതഭ്രാന്തി ഉണ്ടായി ഒരാൾ ഒരു സ്ഥലത്തും വരും മരിച മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെയും കാണുന്നു അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരവസ്ഥയിൽ അങ്ങനെയിരിക്കുന്നു സ്വപ്നം കാണുന്നു മറ്റൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു തുരിയ സ്ഥിതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ടവസ്ഥയില്ല ഒരവസ്ഥയും രണ്ടും കാൽപ്പനികമാണെങ്കിൽ പിന്നെ ഇങ്ങനെ രണ്ടവസ്ഥ ഒരേ അവസ്ഥ തന്നെ മാറിക്കൊണ്ടേയിരിക്കുന്നു മൊത്തത്തിൽ സ്വപ്നം തന്നെ ജാഗ്രത സ്വപ്നവും സ്വപ്നം തന്നെയാണ് പക്ഷെ ഒരു അജ്ഞനോടത് പറയാൻ പാടില്ല ജാഗ്രത സ്വപ്നമാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പ്രയാസമാണ് പക്ഷെ ഇവിടെ തുല്യ സ്ഥിതനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വപ്നം തന്നെ അച്ഛനോട് പറയാൻ എന്താണോ ഇത് സ്വപ്ന തുല്യമാണ് സ്വപ്നം പോലെ ഇരിക്കും അന്ന് ഹേതുക്കൾ പറയുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ട് സ്വപ്നം എന്ന് പറയാൻ കഴിയത്തില്ല ആ സമയം തുല്യ സ്ഥിതനായവന് പറയാം തുര്യാധിഗമം എന്താണോ ഇത് സ്വപ്നമല്ല ഇത് സ്വപ്നം തന്നെ എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ ഇത് പരമാർത്ഥമല്ല അതുകൊണ്ട് എവിടെയെങ്കിലും ഇതിൽ നിന്നാണ് സ്വപ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇത് സത്യമാണെന്ന് അല്ല ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ അത് പരമാർത്ഥ സദ്യ അപ്പൊ ഈ പറയുന്നതെല്ലാം സാധാരണ ഒരു യുക്തിയോ സാധാരണ മനുഷ്യന്റെ അനുഭവത്തിന്റെ നിലയിൽ നിന്നുകൊണ്ടോ പറയുന്നുണ്ട് ഈ ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും എല്ലാം സത്യത്വം ബോധിച്ച ഒരാചാര്യനാണ് പറയുന്നത് തന്റെ നിലയിൽ ഒരു ഇത് കേൾക്കുന്നവര് അജ്ഞൻ അതിനെ അംഗീകരിക്കുന്നോ അംഗീകരിക്കുന്നില്ലയോ അയാൾക്കത് ബോധ്യപ്പെടുന്നു ബോധ്യപ്പെടുന്നില്ലയോ എന്നുള്ളതൊന്നും കൂടെ ഒരു വിഷയമല്ല ഇത് വിവേകു വേണ്ടി പറയുന്ന കാര്യമാണ് വിവേകപൂർവ്വം ചിന്തിക്കുന്നവന് വേണ്ടി പറയുന്ന കാര്യമാണ് അങ്ങനെ ചിന്തിക്കുന്നവനെ സംബന്ധിച്ച് മാത്രമേ ഇത് ബോധ്യപ്പെടുത്തുള്ളൂ ഈ പറയുന്നത് സത്യമാണ് എത്ര പേര് ഇത് ബോധ്യപ്പെടുന്നു എന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല ഇത് വളരെ വിരളമായ ആൾക്കാർക്ക് മാത്രമേ ഇത് ബോധ്യപ്പെടുത്തുള്ളൂ അതിനുള്ള കാലവും പക്വതയും എല്ലാം എത്തിയെന്ന് മാത്രമേ പറയുന്ന സത്യം വെളിപ്പെടുത്തുള്ളൂ ആ സത്യം ഒരുവനും വെടിപ്പെടുന്നതിന് വേണ്ടിയുള്ള വിവേകത്തെ അവന് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞല്ലോ വിവേകിനോ ഇതിനുവേണ്ടിയൊരു വിവേകം ആവശ്യമാണ് ഇതിനു വേണ്ടി ഒരു പക്വത ആവശ്യമാണ് അത് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ചോദ്യോത്തരങ്ങളെല്ലാം ചോദിക്കുന്നു നന്നു ചോദിക്കുന്നു ഉത്തരം പറയുന്നു അല്ലാതെ ഇത് പറഞ്ഞതുകൊണ്ടോ കേട്ടതുകൊണ്ടോ ഒരാള് സർവേരും ഇത് ബോധിക്കുമെന്നുള്ള രീതിയിലല്ലോ ഇത് ബോധിക്കേണ്ടതാണ് വിവേകൾക്ക് അതാണ് ഇതിനെ ആവർത്തിക്കുന്നത് അപ്പോൾ ഈ വിവേകം ഒരുവന്റെ ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങിയാൽ ഈ ആവർത്തനം ഫലം ചെയ്യും ഇത് കൂടുതൽ വ്യക്തമായി വരും ഈ വിവേകം ഒരുവനിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇതിന്റെ ആവർത്തനം വിരസമായി തീരും നിഷ്പ്രയോജനമായി തീരുന്നതാണ് വ്യത്യാസം കാരണം ഇത് തുടക്കത്തിന് ഇത് തന്നെ പറഞ്ഞത് ഇവിടെ പറയുന്നത് ഇത് തന്നെയാണ് പക്ഷെ കേൾക്കുന്നവന് ഒരേ അറിവായിരിക്കില്ല ഉണ്ടാവുന്നതാണ് വ്യത്യാസം അപ്പൊ തിമിരമുള്ളവരുവന്റെ മുമ്പിൽ പ്രകാശം വന്നു കഴിഞ്ഞാൽ അവൻ ഗ്രഹിക്കുന്ന പ്രകാശം തിമിരത്തിന് ചികിത്സിക്കുന്നു തിമിരത്തിന് ചികിത്സിച്ച് തിമിരം മാറി മാറി വരുന്നു അതനുസരിച്ച് അവൻ ഗ്രഹിക്കുന്ന പ്രകാശം വ്യത്യാസം ആ ഇപ്പോ കുറച്ചുകൂടി കാണാം ചികിത്സ പുരോഗമിക്കുന്നതിനനുസരിച്ച് പറയുന്നതാണ് ഇപ്പൊ കാഴ്ച കുറച്ചുകൂടി ശരിയാകുന്നു എന്താണ് അത് തിമിരത്തിന്റെ മാറ്റത്തിൽ വരുന്ന വ്യത്യാസമാസമയം തിമിര ചികിത്സ ഫലിച്ചില്ലെങ്കിലോ പറയും ഇപ്പൊ കാഴ്ച പഴയതുപോലെ തന്നെ ഒന്നും കാണാൻ പയ്യ ല്ല ഈ ചികിത്സ കൊണ്ട് ഫലവും ഇല്ല ഇതിങ്ങനെ തുറന്നിട്ട് കാര്യമില്ല എന്ന് പറയും അപ്പൊ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അവസാനവും പറയുന്നത് ഭാഷയ്ക്ക് പോലും മാറ്റമില്ല പക്ഷെ ഗ്രഹണത്തിൽ വ്യത്യാസം വരും ചികിത്സ ഭരിക്കുന്നുണ്ടെങ്കിൽ താഴ്ചയ്ക്ക് വ്യത്യാസം വരും ചികിത്സ ഭരിക്കുന്നുണ്ടെങ്കിൽ ചികിത്സ അവസാനിപ്പിക്കുന്നതാണ് ഉത്തമം കാഴ്ചക്ക് വ്യത്യാസമുണ്ടെങ്കിൽ പിന്നെ ചികിത്സിച്ചിട്ട് എന്താ കഴിഞ്ഞു അത് തന്നെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത് അത് ആ കാര്യത്തെ തന്നെ ഇവിടെ കൂടുതൽ വ്യക്തമാക്കുകയാണ് സ്വപ്ന അസ സ്വപ്നി ദൃഷ്ടോ നശ്യത്തി